ചർച്ച ചെയ്യുന്നത് പ്രത്യക്ഷം തുടങ്ങിയ പ്രമാണങ്ങൾ പ്രമാണ പ്രമേയ വിഭാഗങ്ങൾ അവിദ്യയുള്ളവനെ ആശ്രയിച്ച വിദ്യയുള്ളവനെ ആശ്രയിച്ച എന്ന് വേണമെങ്കിൽ സമ്മതിക്കാം പക്ഷെ ശാസ്ത്രം അത് വിദ്യ ഉള്ളവനെങ്ങനെ ആശ്രയിക്കും എന്തുകൊണ്ട് ഇവിടെ കുർവുക്ഷി പറയുന്നു ഇവിടെ അധ്യാസത്തെ കുറിച്ചാണ് ദേഹത്തിലുള്ള താതാത്മ്യം ആ താതാത്മ്യം പൂർവക്ഷണം ശാസ്ത്രം എന്ന് പറയുന്നത് ഇവിടെ പ്രധാനമായിട്ടും പൂർവകാന്ഡം കർമ്മങ്ങളെ കുറിച്ച് പറയുന്ന ഈ ശാസ്ത്രം ശ്രദ്ധാന്തി പറയുന്ന പോലെ ആത്മാവ് താതാന്യപ്പെട്ടിരിക്കുന്നതാണല്ലോ ചെയ്യുന്നത് പിന്നെയോ ദേവത്തിൽ നിന്നും വേറൊരു ഒരാത്മാവുണ്ട് ദേഹത്തിൽ നിന്ന് ഭിന്നമായി ഒരാത്മാവുണ്ട് എന്നറിയുന്നവനാണ് കർമ്മം ചെയ്യുന്നത് അപ്പൊ ദേഹത്തിൽ നിന്ന് ഭിന്നമായ ഒരാത്മാവുണ്ട് എന്നുള്ള അറിവ് അതാണ് വിദ്യ ആത്മാവ് കർത്താവും ഭോക്താവും ആയിക്കോട്ടെ എന്നാലും അത് വിദ്യയാണ് കാരണം അവൻ ദേഹത്തിൽ നിന്ന് ഭിന്നമായൊരാത്മാവുണ്ടെന്ന് അറിയും അങ്ങനെ ഒരു അറിവുണ്ടായ കർമ്മം ചെയ്യാൻ അപ്പൊ അങ്ങനെ ഒരു അറിവുണ്ടെങ്കിൽ ഒരറിവുണ്ടെങ്കിൽ ആ അറിവിനെയാണ് വിദ്യ എന്ന് പറയുന്നത് അപ്പൊ വിദ്യ ഉള്ളവനാണ് ഇത്തരം കർമ്മം ചെയ്യുന്നത് എന്ന് വെച്ച കർമ്മം ചെയ്യണമെങ്കിൽ ശാസ്ത്രം ആവശ്യമാണ് അപ്പൊ വിദ്യ ഉള്ളവനാണ് ശാസ്ത്രത്തെ ആശ്രയിക്കുന്നത് ഇതാണ് പൂർവക്ഷി സിദ്ധാന്തി എന്ന് പറയുന്നത് അവിദ്യ ആശ്രയിച്ചിരിക്കുന്നു എല്ലാ പ്രമാണ ക്രമേയ വ്യവഹാരങ്ങൾ ശാസ്ത്രങ്ങൾ പൂർവക്ഷം എന്ന് പറയുന്നു ശാസ്ത്രങ്ങൾ വിദ്യ ഉള്ളവനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ആ വിദ്യ അല്ല അവിടെ കാരണം ശാസ്ത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് ശരീരത്തിൽ നിന്ന് വേറിട്ടൊരാത്മാവുണ്ടെന്നാണ് അതാണ് വിദ്യ അങ്ങനെ ഒരാർവുള്ളവനാണ് കർമ്മം ചെയ്യുന്നു അപ്പൊ വിദ്യ ഉള്ളവനാണ് കർമ്മം ചെയ്യുന്നത് അപ്പോ അവിദ്യ ഉള്ളവനെ ആശ്രയിച്ചാണ് ശാസ്ത്രങ്ങൾ നിലനിൽക്കുന്നതെന്ന് അങ്ങനെ പറയാൻ പറ്റും ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഇതൊക്കെ പറയുമ്പോ പ്രധാന പോയിന്റ് ഒട്ടുപോയ ശാസ്ത്രം എന്ന് പറയുന്നത് വേദം വിദ്യയുള്ളവനെ ആശ്രയിച്ചാണോ അതോ അവിദ്യയുള്ളവനെ ആശ്രയിച്ചാണോ അതിന്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധത് ആ വിദ്യ ഉള്ളവനെ ആശ്രയിച്ചാണ് ശാസ്ത്രം നടക്കുന്നതും ശാസ്ത്രജ്ഞമായ പ്രവൃത്തികൾ ചെയ്യുന്നതും പൂർവക്ഷറിന്ന് അങ്ങനെയല്ല ഈ വൈദികമായ കർമ്മങ്ങൾ എന്ന് പറയുന്നത് ആ വിദ്യയുള്ളവനെ അത് ചെയ്യാൻ പറ്റിയതുകൊണ്ട് ആ ശാസ്ത്രം വിദ്യയുള്ളവനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ശരീരത്തിന്ന് വേറിട്ടൊരാത്മാവിനെ അറിഞ്ഞാലേ അവന് സ്വർഗത്തിനുവേണ്ടി കർമ്മ ചെയ്യുക അല്ല ശരീര താതാത്മ്യത്തിരിക്കുന്ന ആത്മാവിനെ അറിഞ്ഞിട്ട് കാര്യ ശാസ്ത്രം അവിദ്യയുള്ളവനെ ആശ്രയിക്കുന്നില്ല ഇതാണ് കുറവടുത്ത ഭാഷ്യത്തിൽ പറയുന്നത് ശാസ്ത്രീയത ൂർവകാരിലോകസംബന്ധം അതിക്രിയതേ പൂർവക്ഷി പറഞ്ഞ ഒരു കാര്യത്തെ സിദ്ധാന്തി സമ്മതിക്കേണ്ടത് ശരിയെന്നെയാണ് ശാസ്ത്രീയത വ്യവഹാരം എന്ന് വൈദിക വ്യവഹാരങ്ങൾ ജ്യോതിഷ്ട്രോമേനോ സ്വർഗകാമോ യജേത എന്നെല്ലാം പറയുന്നു ഈ യാഗങ്ങളും മറ്റും ചെയ്യുമ്പോ അനുശാസ്ത്രീയ ചെയ്യുന്നവൻ ബുദ്ധിപൂർവ്വകാരി അറിഞ്ഞിട്ടാണ് ചെയ്യുന്നവനെങ്കിൽ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്നവനാണെങ്കിൽ യാഗം എന്താണെന്നൊക്കെ മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാണ് ചെയ്യുന്നവനെങ്കിൽ ആത്മന പരലോകസംബന്ധം അമിതിത്വ ന അധിക്രിയതേ ആത്മാവിന്റെ പരലോകസംബന്ധത്തെ അറിയാതെ അവൻ ചെയ്യത്തില്ല ക്രിയെന്ന് വെച്ചാ ചെയ്യുന്നില്ല എന്തു ചെയ്യുന്നില്ല എന്താ ചെയ്യാസ് എന്താണ് യാഗം എന്തുകൊണ്ട് അവൻ ബുദ്ധിപൂർവ്വമാണ് പ്രവർത്തിക്കുന്നു എന്താണ് അവൻ ബുദ്ധി കൊണ്ടറിയുന്നത് ശരീരത്തിൽ നിന്നും ഭിന്നമായിട്ട് ഒരു ആത്മാവുണ്ട് അതാണ് കർത്താവ് അതാണ് ഭോക്താവ് ആത്മാവ് മരിക്കുന്നില്ല കരണശേഷം ആത്മാവ് സ്വർഗത്തിൽ പോകും ഇതൊക്കെ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കി എത്ത ഒരാൾ ഒരിക്കലും വൈദ്യ ചെയ്യാൻ പോകത്തില്ല എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അവനെന്തെയ്യും കർമ്മം ചെയ്തു കുറച്ചു കഴിയുമ്പോൾ മരിച്ചു പോവും സ്വർഗത്ത് പോകാനാണില്ലാതെ ഇപ്പൊ ആത്മാവ് എങ്ങനെയുള്ള ആത്മാവ് പ്രവർത്തിക്കുന്നവനും ഫലത്തെ അനുഭവിക്കുന്നവനുമായ ആത്മാവ് അങ്ങനെ ഒരാത്മാവ് ശരീരത്തിൽ നിന്ന് വേറിട്ടുണ്ട് എന്നറിഞ്ഞാലേ ജ്യോതിഷവും പോലെയുള്ള യാഗങ്ങളും മറ്റും സ്വർഗത്തിനുവേണ്ടി ഒരാൾ ചെയ്യത്താണ് പറയുന്നത് എന്ന് പറയുന്നത് ശാസ്ത്രീയ വ്യവഹാരേ ശാസ്ത്രീയം യാഗാരി ബുദ്ധിപൂർവ്വകാരി ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്ന ഒരുവൻ ആത്മനഹ പരലോകസംബന്ധം ആത്മാവിന്റെ പരലോകബന്ധത്തെ അവിധിത്വ അറിയാതെ ചെയ്യുന്നില്ല അക്രമങ്ങളെ ചെയ്യുന്നില്ല തഥാവി അത് ശരി തന്നെയാണ് പൂർവക്ഷം പറഞ്ഞതിനോട് സിദ്ധാന്തം യോജിക്കുന്നു ശരി തന്നെയാണ് ശരീരത്തിൽ നിന്ന് വേറിട്ട് ആത്മാവുണ്ട് എന്നറിഞ്ഞിട്ടാണ് പ്രവൃത്തികളെ ചെയ്യുന്നു സമ്മതിച്ചു തരാം എന്നാലും യദ്യവി തഥാവി യദ്യവി വന്നാൽ അത് പൂർവക്ഷണം തഥാവി എന്ന് പറഞ്ഞാൽ വേദാന്തവേദ്യം അശുനായതീതം അഭേദ ബ്രഹ്മക്ഷത്രാതിഭേദം അസംസാരി ആത്മതത്വം അധികാരതെ പക്ഷെ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ആത്മബോധം എന്ന് പറഞ്ഞാല് ശരീരത്തിൽ നിന്ന് വേറിട്ടൊരാത്മാവുണ്ട് എന്നറിഞ്ഞാൽ ആത്മബോധം ആവത്തില്ല കർമ്മം ചെയ്യുന്നതിന് അത്രയും വേണം ശരീരത്തിൽ നിന്ന് വേറിട്ട് കർത്താവും ഭോക്താവുമായും ഒരാത്മാവൺ ഇത്ര അറിഞ്ഞാണ് കർമ്മം ചെയ്യുന്നതിന് പക്ഷേ ഉപനിഷത്തുകളിൽ പറയുന്നു അതാണ് വേദാന്ത വേദ്യം ഉപനിഷത്തുകളിൽ വെളിപ്പെടുത്തുന്നതായ അശനായാതി അതീതം വിശപ്പ് അശനായ അശനായ അശനായ വിശപ്പ് ആദിപിപാസ ദാഹം ഇതിനെല്ലാം അതീതമായ വിശപ്പും ദാഹവും ഇല്ലാത്തതായ വിശപ്പ് ദാഹം ഇങ്ങനെയുള്ള ഗുണങ്ങളില്ലാത്തതായ അതും ആത്മാവിനെ പറയാണ് വേദാന്തം വെളിപ്പെടുത്തുന്നതും ആത്മാവ് ഇങ്ങനെയുള്ളതാണ് വേദാന്തം പുൻഷത്ത് വെളിപ്പെടുത്തുന്നതാണ് അല്ലെങ്കിൽ പുനഷ്യത്തിൽ അറിയേണ്ടതാണ് അത് വിശപ്പും ദാഹം വെച്ചാൽ പ്രാപഞ്ചികമായ ധർമ്മങ്ങളൊന്നും ഇല്ലാത്തതാണ് സാംസാരികമായ ധർമ്മങ്ങളൊന്നും ഇല്ലാത്തതാണ് ബ്രാഹ്മണൻ ക്ഷത്രിയൻ മൈശ്യൻ ശൂദ്രൻ ചണ്ടാളൻ ഇങ്ങനെയുള്ള ഭേദങ്ങളൊന്നും ഇല്ലാത്തതാണ് അഭേദം നിരസ്തമില്ലാത്തത് എന്ത് ബ്രഹ്മക്ഷത്രാദി ഭേദം ബ്രഹ്മ എന്ന് വെച്ചാൽ ബ്രാഹ്മണക്ഷത്രം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഭേദങ്ങളില്ലാത്താണ് എന്ത് അസംസാരി എനിക്കും മരിക്കുകയും ചെയ്യാത്തവനാണ് ആര് ആത്മാവ് അങ്ങനെയുള്ള ആത്മതത്വം അങ്ങനെയുള്ള ഒരാത്മതത്വം അധികാര കർമ്മത്തിൽ ആവശ്യമില്ലാത്തത് ഈ ആത്മബോധം എന്ന് പറഞ്ഞ പോലെ കർമ്മത്തിൽ ആവശ്യമുള്ള ആത്മബോധം എങ്ങനെയുള്ള ആത്മാവിനെയാണ് അറിയേണ്ടത് കർമ്മത്തില് ശരീരത്തിൽ നിന്ന് വേറിട്ട് ഭർത്താവും ഭോക്താവുമായിരിക്കുന്ന മരിക്കാത്ത പ്രലോകത്തിൽ പോകുന്ന ആത്മാവ് അതാണ് കർമ്മത്തിന് വേണ്ടി എന്നാൽ കർമ്മം ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത ഒരാത്മാവുണ്ടെന്നുള്ളത് ഉപനിഷത്തിൽ പറയുന്ന ആത്മാ അതങ്ങനെയുള്ളതാണ് കശപ്പ് ദാഹം പോലുള്ള യാതൊരു ധർമ്മങ്ങളും ഇല്ലാത്തതും ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ സൂക്ഷിക്കില്ലെന്നൊരു ഭേദങ്ങളില്ലാത്തതും ജനനമരണങ്ങളില്ലാത്തതുമായ ഒരാത്മാവുണ്ട് അത് കർമ്മത്തിൽ ആവശ്യമില്ല എന്തുകൊണ്ട് കർമ്മത്തിൽ അങ്ങനെ ഒരാത്മബോധം ആവശ്യമുണ്ട് അനുഭവ അവിടെ യാതൊരു ഉപയോഗമില്ല കർമ്മത്തിൽ ഉപയോഗം വരുന്ന എങ്ങനെയുള്ള ആത്മബോധമാണോ കർമ്മം ചെയ്യുന്ന ഫലം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു ആത്മാവിനെ കുറിച്ചുള്ള അറിവാണ് വേണ്ടത് കർമ്മം ചെയ്യുന്നു ഫലത്തെ അനുഭവിക്കുന്നു കർമ്മം ചെയ്യുന്നിടത്ത് ആത്മാവിനെ അങ്ങനെ അറിയുന്നു സിദ്ധാന്തമാണ് സിദ്ധാന്തമാണ് എന്താണ് കർമ്മം ചെയ്യുന്നിടത്ത് ഇങ്ങനെ ഒരു ആത്മാവിന്റെ ആവശ്യം ഇല്ല അവിടെ കർത്താവും ഭോക്താവുമായ ആത്മാവിനെ അറിഞ്ഞാണ് പക്ഷെ ഉപനിഷത്ത് പറയുന്ന ആത്മാവ് എന്റെ ആവശ്യം ഒരു ആത്മാവിനെ തന്നെ കർമ്മം ചെയ്യുമ്പോ എങ്ങനെ അറിയുന്നു ഭർത്താവും ഭക്താവും സ്വർഗത്തിൽ പോകുന്നു മറിച്ച് വൻഷത്തിൽ പറയുന്ന അതേ ആത്മാവനെങ്ങനെ പറയുന്നു അത് വിശപ്പുന്താമില്ലാത്തതെന്ന് വെച്ചാൽ കർത്തൃത്വഭോക്തൃത്വ ഗുണങ്ങളില്ലാത്തതും ബ്രാഹ്മണൻ ക്ഷത്രി വൈശ്യൻ ശൂദ്രം ഇങ്ങനെയുള്ള ഭേദങ്ങളില്ലാത്തതും ജനനമരങ്ങൾ ഇല്ലാത്തതുമായ ഒരു ആത്മതത്വമാണ് അത് അധികാരെ അധികാരം വെച്ചാൽ കർമ്മമാണ് കർമ്മത്തിന് അപേക്ഷതയെ ആവശ്യമില്ല ഇതാണ് ഏറ്റവും പ്രധാനമായ വ്യത്യാസം ഇതിലാണ് നീ പറയുന്ന ചർച്ച അവസാനിപ്പിക്കുന്നത് എന്തെങ്കിലും എന്തുകൊണ്ട് അവിടെ ഈ ആത്മാവിന്തു ഉപയോഗമില്ല പക്ഷെ ഇവിടെ ഉപനിഷത്തിൽ പറയുന്ന ആത്മാവിന്റെ ഉപയോഗം കർമ്മത്തിൽ കർമ്മത്തിൽ എങ്ങനെയുള്ള ആത്മാവിന്റെയാണ് ഉപയോഗം വരുന്നത് കർമ്മം ചെയ്യുന്നവൻ മനസ്സിലാക്കണം ഞാൻ കർത്താവാണ് അപ്പൊ കർത്താവായ ആത്മാവിന്റെ ഉപയോഗമുണ്ട് അവൻ മനസ്സിലാക്കണം മരിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ പോയി സുഖം അനുഭവിക്കും അതാണ് ഭോക്താവ് അങ്ങനെയുള്ള ഒരു ആത്മാവിനെവിടെ ആവശ്യം അല്ലാതെ നിത്യ ശുദ്ധ ബുദ്ധ മുക്തമായിരിക്കുന്ന ആത്മാവിനെ കർമ്മം ചെയ്യുന്നവന് അവിടെ അതിന്റെ ഉപയോഗം ഒന്നുമില്ല അനുപയോഗ അധികാര വിരോധ അത് മാത്രമല്ല ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അധികാരവിരോധം വരും അധികാരം എന്ന് വെച്ചാൽ കർമ്മം കർമ്മത്തിന് വിരോധം വരുന്ന കാര്യമാണ് ഈ രണ്ടാമറിയ ഉപനിഷത്തിൽ പറയുന്ന ആത്മാവെന്ന് പറയുന്നത് അധികാരവിരോധിയാണ് അധികാരം എന്ന് പറഞ്ഞാൽ കർമ്മം അതിന് വിരുദ്ധമാണ് എങ്ങനെ കർമ്മത്തിന് വിരുദ്ധമാകുന്നു കർമ്മത്തിന് എങ്ങനെയാണ് വിരുദ്ധമാകുന്നത് ഇപ്പൊ പറഞ്ഞത് കർമ്മങ്ങൾ ചെയ്യുമ്പോ അവിടെ നിർബന്ധമായൊരു കാര്യമാണ് ചെയ്യുന്നവൻ ഈ ചെയ്യുന്നത് ശരീരമല്ല മറിച്ച് ചെയ്യുന്നത് ആത്മാവാണ് താൻ കർമ്മം ചെയ്യുന്നവനാണ് കർത്താവാണ് എന്നുള്ള ബോധവന് വേണം പിന്നെ ഈ കർത്താവായിരിക്കുന്ന ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ കർമ്മത്തിന്റെ ഫലമായ സ്വർഗസുഖത്തിന്റെ ഭോക്താവാണെന്നും അവൻ അറിയണ് എന്നാലും അവന് കർമ്മത്തിന് അധികാരിയാവും പക്ഷെ ഉപനിഷത്തി ആത്മാവിനെ കുറിച്ച് എങ്ങനെയാണ് പറയുന്നത് അകർത്താവ് അഭോക്താവ് അപ്പൊ തന്നെ ഇപ്പൊ ഒരാൾ അറിയണേ ഞാൻ ആത്മാവാണ് ഞാൻ കർമ്മവും ചെയ്യുന്നില്ല ഫലവും അറി അനുഭവിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പിന്നെ കർമ്മം ചെയ്യാൻ പറ്റും കാരണം മറ്റിടത്ത് നിയമമാണ് ഞാൻ ചെയ്യുന്നവനാണെന്ന് അറിഞ്ഞാലേ അവന് കർമ്മം ചെയ്യാൻ പറ്റൂ അതറിഞ്ഞിരിക്കണം അങ്ങനെ കർമ്മം ചെയ്യാൻ പറ്റൂ ഞാൻ ചെയ്യുന്നവനെന്ന് വെച്ചാൽ ഈ ശരീരത്തിൽ നിന്ന് വേറിട്ട് ഈ കർമ്മം ചെയ്യുന്ന ഒരാത്മാവ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് അവൻ കർമ്മം ചെയ്യുന്നു ആത്മാവ് കർമ്മം ചെയ്യുന്നു എന്തുകൊണ്ട് അങ്ങനെ ഈ ശരീരത്തിൽ നിന്നും വേറിട്ട് ഒരു ആത്മാവ് കർമ്മം ചെയ്താൽ മാത്രമേ ഈ കർമ്മത്തിന് പ്രയോജനമുണ്ട് കർമ്മത്തിന്റെ പ്രയോജനം എന്താണ് സുഖം അപ്പൊ അങ്ങനെ ഒരു ആത്മാവ് കർമ്മം ചെയ്താലേ മരിച്ചു കഴിഞ്ഞിട്ട് അവന് സ്വർഗത്തിൽ പോയി സുഖം അനുഭവിക്കാൻ പറ്റും പക്ഷെ ആത്മാവ് വൻഷത്തിൽ പറയുന്ന ആത്മാവ് കർത്താവല്ല ഭോക്താവല്ല അങ്ങനെ ഒരു ആത്മാവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടായി കഴിഞ്ഞാൽ കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ ഈ ആത്മബോധം കർമ്മവിരോധിയാണ് അതാണ് അദ്വൈതയോട് വളരെ പ്രധാനമായി പറയുന്ന ജ്ഞാനകർമ്മ സമുച്ചയം വിരോധം എന്ന് പറയുന്നതാണ് ജ്ഞാനകർമ്മ സമുച്ചയ വിരോധം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശങ്കരാചാര്യ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു ഒരു കാര്യമാണ് ഇത് സാറിന് ഈ പൊട്ടന്മാരൊക്കെ പറയുന്ന ശങ്കരാചാര്യ പറയുന്നത് ജ്ഞാനവും കർമ്മവും ഒരുമിച്ച് പാടില്ല എന്ന് പറഞ്ഞാണ് ഞാനും കർമ്മവും ഒരുമിച്ച് പാടില്ല ആ പറയുന്നതിലൊരു ചെറിയ ശരിയുണ്ട് പക്ഷെ അതല്ല ഞാനകർമ്മ സമുച്ചയം എന്ന് പറഞ്ഞു ഞാൻ കർമ്മസമുച്ചയം എന്താണ് കാരണം കർമ്മം ചെയ്യുന്നവൻ ശരീരത്തിൽ നിന്ന് ആത്മാവാണ് ഞാൻ ഞാൻ കർമ്മം ചെയ്യുന്നവനാണെന്നുള്ള ബോധത്തോടു കൂടിയാണ് ചെയ്യുന്നത് ആത്മ ഞാനെന്ന് പറയുന്ന എന്താണ് ഞാൻ കർമ്മം ചെയ്യുന്നവൻ അല്ല ഞാൻ അകർത്താവായ ആത്മാവാണെന്നാണ് അപ്പോ ഇങ്ങനെ ഇരിക്കെ എന്താണ് ആത്മാവ് ആയ ഞാൻ കർമ്മം ചെയ്യാത്തവനാണ് എന്നിരിക്കെ ഒരിക്കലും എന്താണ് ഈ ആത്മബോധമുള്ളവന് കർമ്മം ചെയ്യാൻ കഴിയില്ല അതാണ് ഞാനകർമ്മ സമിച്ച് വിരോധം പറയും അല്ല കർമ്മം ചെയ്യാതിരിക്കുന്നതല്ല അവനത് കഴിയില്ല എന്തുകൊണ്ട് ഞാൻ അകർത്താവാണ് ചെയ്യാത്തവനാണെന്നറിഞ്ഞ പിന്നെ അവന് കർമ്മം ചെയ്യും അവനെ സംബന്ധിച്ച് കർമ്മം ചെയ്യാന്ന് പറയുന്നത് സാധ്യമാവും സാധിക്കില്ല അതാണ് ജ്ഞാനകർമ്മ സംശയം പാടില്ലെന്ന് പറയുന്നത് അല്ല ഒരേ സമയം എന്താണ് വേദാന്തത്തെ കുറിച്ച് ചിന്തിക്കുകയും ആ സമയം കർമ്മം ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നല്ല അങ്ങനെ പറഞ്ഞിട്ട് പലരും എന്തെയും ജോലിയൊന്നും ചെയ്യാതിരിക്കും അവർ ധരിച്ചിരിക്കുന്ന എന്താണ് ചോദിച്ചപ്പോൾ എന്താണ് ജ്ഞാനകർമ്മ സംശയം പാടില്ല ഒന്നും പണിയെടുക്കാതെ ഇരിക്കണം മുറിക്ക പണിയെടുത്തുകഴിഞ്ഞാൽ വരും ഞാനകർമ്മത്തെ വച്ച് വല്യ അബദ്ധമാണ് ഏറ്റവും വലിയ അബദ്ധം എന്താണ് അതായത് ഞാൻ ശരീരത്തിൽ നിന്ന് വേറിട്ട ആത്മാവാണ് ഞാൻ പ്രവർത്തിക്കുന്നവനാണ് എന്നുള്ള ബോധത്തോടുകൂടി ചെയ്യേണ്ടി വരുന്ന കർമ്മങ്ങളെന്ന് പറയുന്ന യാഗവും യാഗം പോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു അറിവിന്റെ ആവശ്യമായി വരുന്നത് തൂമ്പെടുത്ത് പറമ്പിക്കളിക്കുന്നതിന് ഇതിന്റെ ആവശ്യമുണ്ട് തൂമ്പെടുത്ത് പറമ്പിക്കളയ്ക്കാൻ പോകുന്നതിന് ഞാൻ ശരീരത്തിൽ നിന്ന് വേദമായ ഒരു ആത്മാവാണ് ഞാൻ കർമ്മം ചെയ്യുന്നവനാണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടാകും പക്ഷെ വൈദ്യ കർമ്മത്തിന് നിർബന്ധമാണ് അങ്ങനെ ഒരു അറിവ് വേണം എന്നാലേ കർമ്മം ചെയ്യാൻ പറ്റും അവനെയാണ് കർമ്മത്തിന്റെ അധികാരി എന്ന് പറയുന്നത് ആര് പറയുന്നു മീമാംസം ഈ പറയുന്ന ജ്ഞാനകർമ്മ സമുച്ചയത്തിന് കർമ്മം എന്ന് പറയുന്നതിന് നമ്മളീ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല അത് ഏത് കർമ്മത്തിലാണോ ഞാൻ ശരീരത്തിൽ നിന്ന് വേറിട്ടൊരാത്മാവാണ് ഞാൻ പ്രവർത്തിക്കുന്നവനാണെന്നുള്ള ബോധം പ്രവൃത്തിക്ക് വേണ്ടി വരുന്നത് എന്തുകൊണ്ടാ അങ്ങനെ ഒരു ബോധമാ പ്രവർത്തിക്കുവേണ്ടി വരുന്നത് എന്നുവെച്ചാൽ അങ്ങനെ ഒരു ബോധത്തിന്റെ ആവശ്യം വരുന്നത് ഈ കർമ്മം ചെയ്യുന്നവന് തന്നെ ഫലം കിട്ടണം ഒരാൾ കർമ്മം ചെയ്ത് വേറൊരാൾക്ക് ഫലം കിട്ടാൻ പാടില്ല അപ്പൊ ഞാൻ കർമ്മം ചെയ്യുന്നു എന്നുള്ള ആ ബോധത്തോടുകൂടി ഞാൻ ആത്മാവാണെന്നുള്ള ബോധത്തോടുകൂടി കർമ്മം ചെയ്യുമ്പോ ആ ചെയ്യുന്നവന് തന്നെ എന്റെ ഫലം കിട്ടും ചെയ്യുന്നവനെന്ന് വെച്ചാർക്ക് ചെയ്യുന്നവനാരാണ് ഒന്നും തലക്കാർ ആരേ ആത്മാവ് ആത്മാവാണ് കർമ്മം ചെയ്യുന്നത് മനസിലായ ഓരോ ഇതിനും ഹമാനും മറ്റോ മറിച്ചവനും ഒന്നും അല്ല നിങ്ങള് തൂമ്പ എടുത്ത് പറമ്പിക്കളക്കുമ്പോ ആരാ പണിയെടുക്കുന്നത് ആത്മാവാണാ ചെയ്യുന്നത് ഞാൻ ആത്മാവാണ് ഞാൻ കർത്താവാണ് വിചാരിക്കണോ ആ പണി ചെയ്യുന്നേ गें आत्मा थे दो दो। थे दो दो। ും ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് ആത്മാവാണോ ശരീരമാണോ ഇതൊന്നും അവിടെ അതിന്റെ ആവശ്യമേ വരുന്നില്ല പക്ഷെ വൈദികമായ പ്രവൃത്തികൾ ചെയ്യുമ്പോ ഈ ഒരു ബോധം വേണം ഏത് ബോധം ഏത് ബോധം നേരെ പറയാൻ ശരീരത്തിൽ നിന്ന് വേർപെട്ട ഒരാത്മാവ് ആത്മാവ് ബോധം അത് കർത്താവാണ് ചെയ്യുന്നവനാണെന്നുള്ള ബോധം വേണം അത് ഫലം അനുഭവിക്കുന്നവനാണെന്നുള്ള ബോധം വേണം ഇത്രയും വേണം എന്നാലേ വൈദികർമ്മം ചെയ്യാൻ പറ്റും മനസ്സിലായ ഇത് കഴിഞ്ഞിരുന്ന പഠിക്കുന്നത് ഏത് കാലത്താ വൈദികമായ കർമ്മം ചെയ്യുന്നവന് അത് ഇതാര് പറഞ്ഞു ഇത് മീമാംസന്റെ നിയമമാണ് അവരെ പ്രവർത്തിക്കുമ്പോ അത് അറിഞ്ഞേ പറ്റും വൈദികമായ കർമ്മങ്ങൾ യാഗാദി കർമ്മങ്ങൾ ചെയ്യുന്നവൻ അറിഞ്ഞിരിക്കണം ചെയ്യുന്നതാരാണ് ആത്മാവ് അപ്പൊ പ്രവർത്തിക്കുന്നവനാരും ആത്മാവ് ഫലം അനുഭവിക്കുന്നവനാരാണ് ഇതറിഞ്ഞേ പ്രവർത്തിക്കാൻ പറ്റും കർമ്മത്തിന്റെ ആ മേഖല അങ്ങനെയാണ് അവിടെ കർത്താവും ഭോക്താവും ഒന്ന് ആത്മാവിനെ അറിഞ്ഞ് താൻ ആത്മാവാണെന്ന് പറയുന്നു എന്നറിഞ്ഞ് പ്രവർത്തിക്കണം അത് കർമ്മം കർമ്മമണ്ഡലാണ് അങ്ങനെ പ്രവർത്തിക്കണം ഇനി ഉപനിഷത്തിൽ പറയുന്ന എന്താണ് ആത്മാവ് കർത്താവുമല്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഉപനിഷത്തിൽ നിന്ന് കിട്ടുന്ന ആത്മാവിനെ കുറിച്ചുള്ള ഈ ജ്ഞാനം കർമ്മത്തിനാവശ്യമുണ്ടാകും അപ്പൊ പിന്നെ ഈ ജ്ഞാനവും കർമ്മവും കൂടെ ഒരുമിച്ചു പോകും ഇതിനാണ് ജ്ഞാനകർമ്മ സമുച്ചയ വിരോധം ഇത് ഒരുമിച്ചാകാന്ന് പറഞ്ഞാ ജ്ഞാനകർമ്മ സമുച്ചയമാണ് അത് നടക്കില്ലെന്ന ശങ്കരായര് പറയും സാധിക്കില്ല ഇന്നിപ്പ നോക്കുക ഇന്ന് ആരെങ്കിലും ഞാൻ ഈ ശരീരത്തിന്ന് വേറിട്ട ഒരാത്മാവാണ് ഞാൻ ആത്മാവാണ് ഞാൻ കർത്താവാണ് ഞാൻ സർവത്ത് പോയി എന്നെല്ലാം മനസ്സിലാക്കി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ യാഗം ചെയ്യുന്നമാർക്ക് പോലും ഇത് യാഗം ചെയ്യുന്നവർക്ക് പോലും ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ല ഇതാരും അറിയുന്നില്ല അപ്പോ അങ്ങനെ ഒരു പ്രശ്നമില്ല കർത്താവാണ് ഭോക്താവാണെന്ന് പറഞ്ഞ് കർമ്മം ചെയ്യേണ്ട ഒരാവശ്യം ആരും ചെയ്യുന്നില്ല അതിന്റെ ആവശ്യം വരുന്നില്ല ശരി ഇന്ന് ആൾക്കാർ അറിയുന്നുണ്ട് എന്താണ് ആത്മാവ് കർത്താവ് വേണ്ട ഭക്താവ് വേണ്ട അതറിയ ആൾക്കാർക്ക് മനുഷ്യത്തൊക്കെ പഠിക്കുന്നവർക്കറിയാം മനുഷ്യത്തിൽ ഇങ്ങനെയാണ് പറയുന്ന മാർഗ പ്രചാരം ജനിക്കുന്നില്ല മരിക്കുന്നില്ല നിത്യമാണ് ശുദ്ധമാണ് അപ്പോ ഇന്ന് ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുന്നവന് ജ്ഞാനകർമ്മ എന്ന് പറയുന്ന ദോഷം വരുമോ എന്തുകൊണ്ട് മാത്രങ്ങനത്തെ പ്രവൃത്തിയില്ല നാഗ ഒരു ബോധമുള്ളത് ആത്മാവിന് അതൊന്നും ഇല്ലെന്നുള്ളതാണ് അപ്പൊ പിന്നെ അവിടെ കർമ്മമില്ല അതിനോട് ശങ്കരാചാര്യർ ചേർത്താൽ അപകടം വരും എന്ന് പറഞ്ഞാൽ കർമ്മയിൽ നിന്ന് ഇല്ല അപ്പൊ ഞാൻ കർമ്മം സമിതിയോന്ന് വരുന്നൊരു ദോഷം ഇന്നുണ്ടോ അതൊരു സാദ്ധ്യതയില്ല അപ്പൊ അതുകൊണ്ട് എന്താണ് ഒരാളിപ്പൊ മനസിലാക്കണേ ഞാൻ ഞാൻ ഒന്നും ചെയ്യുന്നില്ല കർമ്മമില്ല എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാ അതിന് ഇന്ന് ചെയ്യുന്ന ഈ കർമ്മങ്ങൾ ഇതുമായിട്ട് എന്തെങ്കിലും വിരോധം വരുമോ വരൂ എന്തുകൊണ്ടില്ല ആത്മാവ്താവ് ബോധമൊന്നും വേണ്ട അങ്ങനെ ആരും ചെയ്യുന്നുണ്ട ഇത് മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ പൊതുവെ അതിന് ലൗകിക കർമ്മം എന്ന് പറയും വേദം പറഞ്ഞ കർമ്മങ്ങളല്ല നമ്മള് തൂമ്പ എടുത്ത് പണിയെടുക്കുകയോ ചൂടെടുത്ത് തൂക്കുകയോ ഏഹ് മുറി വൃത്തിയാക്കുകയോ തുണി കഴുകുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പലരും ജ്ഞാനകർമ്മ സമുച്ചയം പറഞ്ഞ് ഇതൊന്നും ചെയ്യത്തില്ല തുണികൾ വഴിയില്ല ഇന്ന് വരും വേദാന്തം പഠിച്ചിരിക്കുകയാണ് ജ്ഞാനകർമ്മ സംശയം ഒരു കർമ്മവും ചെയ്യാൻ പാടും ബോധമില്ലാത്തോണ്ടാണ് പിന്നെ അതുകൊണ്ട് അവരെന്തെയും എല്ലാ സമയവും ഇരുന്ന് പുസ്തകങ്ങളൊക്കെ വായിച്ചോണ്ടും വേദാന്തം പ്രഭാഷണം നടത്തിയും ഒക്കെ ഇങ്ങനെ ജീവിക്കും ജീവിക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ജ്ഞാനകർമ്മം സൗജയം വരുമ്പോൾ പേടിച്ചങ്ങനെ ചെയ്യും അങ്ങനൊരു ഏർപ്പാട് ഇന്നില്ല അതുകൊണ്ട് ആത്മാവ് അകർത്താവാണ് എന്നുള്ള ബോധം വന്നു കഴിഞ്ഞാൽ ഒരാൾ കർമ്മം ചെയ്യാമോ ചെയ്യണ്ടോ എന്നൊക്കെ പറയുന്ന അവന്റെ സൗകര്യം അനുസരിച്ചാണ് അവനൊരു പണിയും ചെയ്യാതെ ചാപ്പാടിക്കാൻ വല്ല പോകുകയുണ്ടെങ്കിൽ ഒന്നും ർമ്മ സമുച്ചയ ദോഷം വരത്തില്ല മനസിലായു ആ ഞാന് കർമ്മ സമുച്ചയം വരും അതുകൊണ്ട് കർമ്മം ചെയ്യാൻ പാടണ്ടെന്ന് പറയുന്ന ആരൊന്നറിയാം മനസിലായ ആരാണ് മനസ്സിലായി ആരാണ് െ അവിടെ പഠിപ്പിക്കുന്നാണ് എവിടെ ഇതാ പഠിപ്പിക്കുന്നത് ഞാന കർമ്മ സമുച്ചയം വരും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല ഇത് വായിച്ചാൽ മനസ്സിലാവുന്ന സംസ്കൃതം ഞാനില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് അതൊന്നും പോലെ പഠിക്കുന്ന പൊങ്ങച്ച നമ്മളും അത് വേറെ അന്തു ആയിക്കോളട്ടെ ഈ ഒരു ഇതിനെയൊക്കെ തെറ്റായി വ്യാഖ്യാനിച്ചിട്ട് ആൾക്കാരെ വഴിതെറ്റിക്കുന്നത് ഞാനിത് വായിച്ചു പണ്ടുകാലോ ഞാൻ വായിച്ചാണ് ഇങ്ങനെ എഴുതി വെച്ചത് ഞാന കർമ്മ സമുച്ചയ ദോഷം വരുന്നത് പിന്നെ ചെല്ലു പറയുന്നത് ശങ്കരാചാര്യര് എന്താണ് ജ്ഞാനകർമ്മ സമുച്ചയം ദോഷമാണെന്ന് പറഞ്ഞു ഗുരുദേവൻ അത് പറഞ്ഞിട്ടില്ല അല്ലേ ജ്ഞാനകർമ്മ സമുച്ചയത് എന്താണത് സംഗതിയെന്ന് ഏഹ് കടലും കടലാടിയും പോലും ബന്ധം അറിയാതെയാണ് ഗുരുദേവൻ ജ്ഞാനകർമ്മ സമുച്ചയം പറഞ്ഞയാളാണ് മറ്റേള് ജ്ഞാനകർമ്മ സമുച്ചയത്തെന്ന് ക്ഷണിച്ച ആളാണെന്ന് എന്തായത് ഇപ്പൊ ഗുരുദേവൻ ജ്ഞാനകർമ്മ സമുച്ചയം വരുകയാണെങ്കിൽ എന്തു പറയണം അത് നോക്കട്ടെ എന്താ പറയണ്ടത് അങ്ങനെന്താ ഓഹ് പറഞ്ഞോന്നും മനസ്സിലായിട്ട് വാമനി പഠിക്കുന്നവരോടൊന്നും പോയി പറയുന്നില്ല ജ്ഞാനകർമ്മ സമുച്ചയമാണെങ്കിൽ ഗുരുദേവ ഏർപ്പാടാക്കണെങ്കി ഗുരു എന്ത് പറയണോന്നും ശരീരത്തിന്മാർത്താവ് അത് മതിയാ അതായത് ജ്ഞാനകർമ്മം സമുച്ചയമാണ് ഗുരു പഠിപ്പിക്കുകയാണെങ്കിൽ ഗുരു പറയേണ്ടത് എന്നാണ് ശരീരത്തിൽ നിന്ന് മേലിട്ടൊരു ആത്മാവുണ്ട് അത് കർത്താവും ഭോക്താവുമാണ് ഇത് മനസ്സിലാക്കി കർമ്മം ചെയ്യണം അതേസമയം തന്നെ എന്ത് ചെയ്യണം ആത്മാവ് കർത്താവല്ല ഭോക്താവല്ല എന്നും അറിയണം ഇങ്ങനെ പറഞ്ഞാലേ ഞാൻ കുറവ് സംശയമാകും ഇത് ഗുരു എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഗുരുബോധമില്ലാത്ത ആൾക്കാർ ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നു പ്രസംഗിക്കുന്നില്ല അങ്ങനെ പറയുന്ന പ്രശ്നമേ ഇല്ല അത് സംഗ്രഹം പറയുന്നത് എന്താണ് പാടില്ലെന്നല്ല അത് ചേർക്കാൻ പറ്റില്ലെന്നാണ് പരസ്പര ജ്ഞാനകർമ്മണോർ വിരോധ പർവ്വത അകമ്പ്യശാവാസ്യ പുനഷത്തിന്റെ ഭാഷ ഈശാവാസിഷത്തിന്റെ ഭാഷ നിങ്ങൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ സംശയം സംശയം മാത്രം ചോദിക്കൂറിച്ച് ആ അതൊക്കെ വേണമെങ്കിൽ പറയാം എന്ന് വെച്ച അത് വിദ്യാവിന്ധ്യയെ കുറിച്ചൊക്കെ പറയുമ്പോഴേ ആരുടെ വ്യാഖ്യാനം അനുസരിച്ചെന്ന് പറയും അതായത് ഗുരു സംഭൂതി അസമ്പൂതി വിദ്യ വിദ്യ ഒന്നും വ്യാഖ്യാനിച്ചില്ല വാക്കുകൾ അതുപോലെ അടുത്ത് ഉപയോഗിച്ചേ ഉള്ളൂ എന്തുകൊണ്ടത് വ്യാഖ്യാനിച്ചില്ല അതൊക്കെ ഒരുപാട് വിവാഹമുള്ള കാര്യങ്ങളാണ് അതിന് കൃത്യമായൊരർത്ഥം പറയാൻ ആർക്കും പറ്റില്ല ഇത് ഗുരുവിന് അർത്ഥം എഴുതിയ പോലെ ആയിരുന്നു അസംബോധിക്ക് മലയാളത്തിൽ എന്തെങ്കിലും ഒരർത്ഥം പറഞ്ഞോടെ ബാക്കതുപോലെ തന്നെ ഉപയോഗിച്ചാ കൃത്യമായൊരർത്ഥം പറയാൻ പറ്റില്ല പിന്നെ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ശങ്കരാചാര്യ എന്ത് പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞില്ല അതിനപ്പുറം എനിക്ക് പറയാൻ പറ്റില്ല കൃത്യമായ അർത്ഥങ്ങളെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ ഈ പറയുന്നൊക്കെ കറക്റ്റാണ് എന്തുകൊണ്ട് സങ്കരാചര് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ജ്ഞാനകർമ്മ സമുച്ചയം എന്താണ് ഇപ്പോൾ ജ്ഞാനകർമ്മ സമിതി സങ്കരായർക്കെന്താണ് എന്താ ലോകത്ത് ആർക്കും പറയാം എല്ലാവരും നിഷേധിച്ചേ പറ്റൂ പരസ്പര വിരുദ്ധമായത് സമുച്ചയിപ്പിക്കാൻ പറ്റില്ലെന്നാ പറയുന്നത് പക്ഷെ അത് അത് അറിഞ്ഞിരിക്കണം ഇവിടെ പറയുന്നോ അത് ഇപ്പൊ കർമ്മം എന്ന് പറയുമ്പോ പ്രത്യേകം മനസ്സിലാക്കണം വൈദിക കർമ്മങ്ങളെ കുറിച്ചാണ് പറയുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സാധനം ചെയ്യുന്ന ഇപ്പൊ ഞാൻ ഇതൊരു എന്റെ ഒരു പ്രവൃത്തിയാണ് മനസിലായി ഞാനിപ്പോ ചെയ്യുന്നത് എന്റെ ഒരു പ്രവൃത്തിയാണത് പഠിപ്പിക്കുക എന്ന് പ്രവൃത്തിയാണ് സംസാരിക്കുക പ്രവൃത്തിയാണ് ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുന്നു ആത്മാവ് അകർത്താവാണ് ഭോക്താവാണ് പറഞ്ഞവിടെ ഞാനകർമ്മ സമുച്ചയൊന്നും വരത്തില്ല അങ്ങനെ ദോഷവും മരുന്നോണ്ട് അതെല്ലാം ഞാൻ അത്രം ശ്രമിച്ചു എന്ന് പറയുന്നു ഞാനിപ്പോ ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോ എനിക്ക് എന്താണ് എന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവുണ്ട് അത് പ്രവർത്തിക്കുന്നവനാണ് ഇങ്ങനെയൊരു ബോധത്തോടുകൂടി തന്നെ ഞാൻ പറയണമെന്ന നിയമമില്ല നിയമം എന്നാ അങ്ങനെ വേണ്ടി നിയമവലം എന്ന് മാത്രമല്ല ഇത് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നേയില്ല ശരീരമാണോ സംസാരിക്കുന്നു മനസ്സാണോ സംസാരിക്കുന്നു ആത്മാവാണോ സംസാരിക്കുന്നു ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടാണോ വർത്തമാനം പറയുന്നത് അത്തരം വിഷയങ്ങളിലൂടെ വരുന്നേ ഇല്ല അതുകൊണ്ട് നമ്മുടെ ഈ ചെയ്യുന്ന പാറ പൊട്ടിക്കുന്നായാലും ശരി എന്താണ് ഗാന്ധിജിയുടെ നൂത് നോക്കുന്നായാലും ശരി ഏത് പ്രവൃത്തിയായാലും ശരി അവിടെ ജ്ഞാനകർമ്മ സമുച്ചയം അങ്ങനെ ഒരു പ്രശ്നമേ വരുന്നില്ല വൈദിക കർമ്മവും ശങ്കരായ പറയുന്ന ഞാനും തമ്മില് കൂട്ടിക്കെട്ടാൻ പോയതാണ് ആ പ്രശ്നം എന്നാലും ജ്ഞാനകർമ്മ ശ്രമിച്ച ശങ്കരായതിനാ പറയുന്നത് അത് പാടില്ലെന്ന് പറയുന്നത് എന്തിനാണ് ആ സന്യാസത്തിന് വേണ്ടിട്ടാണ് സന്യാസംന്ന് പറഞ്ഞു നിങ്ങൾ ഈ തത്വ വിചാരം ചെയ്യുമ്പോഴത്തേക്ക് വൈദ്യ കർമ്മം ചെയ്യരുത് അതാണ് സന്യാസം ശങ്കര സന്യാസം നിങ്ങൾ ഈ ആത്മതത്വത്തെ കുറിച്ച് മനനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കർമ്മങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ട് ആ കർമ്മം ചെയ്യണമെങ്കിൽ പിന്നെ എന്തു വിചാരിക്കണം ഞാൻ ആത്മാ ഞാൻ ആത്മാണു ഞാൻ എന്ന് വിചാരിക്കണം നിങ്ങളുടെ തത്വത്തിൽ എന്താ പറയുന്നത് നിങ്ങൾ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ചെയ്യുന്നവനെല്ലാം അപ്പൊ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നടക്കില്ല അതുകൊണ്ട് എന്തു പറഞ്ഞോ നിങ്ങൾ തത്വത്തിൽ വിചാരം ചെയ്യണമെങ്കിൽ നിങ്ങൾ മറ്റുള്ള കളയുക ഈ പൈതൃക കർമ്മങ്ങളും അതാണ് ശങ്കരാചാര്യ പറയുന്ന സന്യാസം അതാണ് പ്രവൃത്തി കർമ്മം ഈപ്പാടൊക്കെ കഴിച്ചു കൊണ്ട് ആത്മാവ് ഇങ്ങനെ ആണെന്നൊക്കെ പറയുന്നത് നിവൃത്തി പ്രവൃത്തി ഇതാണ് ഇതിന്റെ വ്യത്യാസം മനസ്സിലായി അതുകൊണ്ട് ആ പ്രവൃത്തി വേണ്ടെന്നു പറഞ്ഞു ഞാൻ അത്ര അർത്ഥമാണ് ചാപ്പാടിക്കുന്നല്ല ആ പ്രവൃത്തികളൊന്നും വേണ്ട എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നല്ല ഭക്ഷണവും കഴിച്ച് നല്ല ഏസിയും മുറിയിലൊക്കെ ഇരുന്നിട്ട് എന്ത് വിചാരിക്കണം ഞാൻ ആത്മാവാണ് ഞാൻ കർത്താവാണ് ഞാൻ അഭോക്താവാണ് നിത്യശുദ്ധ മുക്തനാണ് അങ്ങനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പുറത്തു പോയി എന്തെങ്കിലും പണിയെടുക്കണം വെറുതെ ചപ്പാട്ട് ഇടിക്കാൻ പറ്റില്ല ഒരിടത്തും പറ്റില്ല നടക്കുന്ന കാര്യ ഇതാണ് ശങ്കരായ പറയുന്നത് ശങ്കരാ സിദ്ധാന്തം ഇതാണ് ഈ സന്യാസം കൊണ്ടുവന്നത് അല്ലാതെ എന്താണ് ശങ്കര ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്താണ് നിങ്ങള് ഇതുപോലെയുള്ള ഡ്രസ്സെടണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശങ്കരാചാര്യ പറഞ്ഞിട്ടുണ്ട് സന്യാസിക്ക് മുട്ടയടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതാർക്ക് മുട്ടയടി പറഞ്ഞിട്ടുണ്ട് ശങ്കരാചാര്യ അതാർക്കാ മുട്ടയടിക്കാം ഏരാ ബ്രാഹ്മണന് ബ്രാഹ്മണനാണ് മുട്ടയടിക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടത് ബ്രാഹ്മിണന്റെ തലമുറ സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ച് എടുത്ത് കളയണം അതിൽ നിന്നാ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നു കാരണം അത് ഈ പ്രവർത്തികൾ ചെയ്യാനുള്ള ഒരു ലൈസൻസാണ് അപ്പൊ ലൈസൻസ് എടുത്ത് കളയാൻ പറഞ്ഞു അതുകൊണ്ട് മുട്ടയടിക്കാൻ ആകെ പറഞ്ഞിട്ടുള്ള ബ്രാഹ്മണനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബ്രാഹ്മണൻ ജാതിപ്പെട്ട നഗണവും കർമ്മവും ബ്രാഹ്മണ ജാതിപ്പെട്ടവരോട് മുട്ടയടിക്കാൻ പറഞ്ഞു കാവ്യ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല മനസിലായത് കൊണ്ടോണ്ട് ഇന്നും ഓരോരുത്തന്മാർ കാവ്യ കൊടുത്ത് മുട്ടയടിച്ചെന്നു പരലോകത്തിലും പറയുന്ന ഒരർത്ഥമില്ലാത്ത ജീവിതം ഇതിനേക്ക് എന്തു ചെയ്യാൻ പിന്നെ ഗുരു പറഞ്ഞിട്ടുണ്ട് പോലീസുകാർക്ക് യൂണിഫോം പോലെ ഈ സാഹിമാര് ഇങ്ങനെ ഡ്രസ്സൊക്കെ വേണം കിട്ടോട്ടെ അത് ഒരു സൗകര്യത്തിന് വേണ്ടിട്ടാണ് ട്രാഫിക് റൂള് നിയന്ത്രിക്കണമെങ്കിൽ ട്രാഫിക് പോലീസിനത് വേണം അതുപോലെ സാഹിമാര് ഇങ്ങനെ ആണെങ്കിൽ ഡ്രസ്സ് ഇട്ടോട്ടോന്ന് പറഞ്ഞു അത് അംഗീകരിക്കും ഗുരു പറഞ്ഞതൊക്കെ വളരെ ലോജിക്കലായിട്ടാണ് അതുകൊണ്ട് എല്ലാവർക്കും ഇതൊക്കെ ഇടാം പക്ഷെ അത് ഗുരു പറഞ്ഞ ഇന്നതാണെന്ന് അതുകൊണ്ട് ഇവിടെ പറയുന്നു അതാണ് ഇത് രണ്ടും കൂടെ ചേരത്തില്ല അതാണ് ഇവിടെ എന്തു പറഞ്ഞത് ഇതൊന്നും ചെയ്യുന്നതിലല്ല കുഴപ്പം മനസ്സിലായോ കാവ്യം ഇടുന്നതിന് മുട്ട ഇടുന്നതിനോ അതൊന്നും നല്ല പ്രശ്നം മുട്ട അടിക്കുകയോ മുട്ട ഇടുകയോ ചെയ്യാം സൗകര്യം എന്തോളം ഇതൊക്കെ എന്തിനെന്നുള്ള ബോധം വേണം എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള ഒരു ബോധം വേണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമല്ല ഇതൊന്നും ചെയ്യുന്നതിലും ദോഷമുണ്ടെന്നല്ല ഞാൻ പറയുന്നു ഞാൻ പറയുന്ന എന്താണ് വേദാന്ത വേദ്യം ഉപനിഷത്തിൽ പറയുന്ന അശനായാദ്യ അതീതം വിശപ്പുന്താഹൊന്നുമില്ലാത്ത അഭേദ വേദം ബ്രാഹ്മണക്ഷൻ വൈസ്യൻ ഇങ്ങനെ വേദങ്ങളൊന്നുമില്ലാത്ത സംസാരി ആത്മതത്വം കർമ്മത്തിൽ ആവശ്യമില്ല ഇത് ഇത് ചെറുമാർ കൊണ്ടുപിടിക്കും എന്താണ് അവേദ ബ്രഹ്മക്ഷത്ര കണ്ട ശങ്കരക്ക് ജാതി എന്തുകൊണ്ട് ശങ്കരായൂടെ എന്ത് പറഞ്ഞിരിക്കുന്നു ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈദ്യൻ ഇങ്ങനെയുള്ള ഒന്നും വേദമില്ലെന്ന് അതുകൊണ്ട് ശങ്കരകാര്ക്ക് ജാതി അങ്ങനെ കൊറേ തൊരപ്പന്മാരുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന എന്താ പറഞ്ഞിരിക്കുന്നത് ആത്മാവിന് ഒന്നും ഇല്ലെന്നാണ് മനുഷ്യന്റെ ജീവിതത്തില് ശങ്കരാ പറയുന്നത് ഈ ജാതിയുടെ ശരീരത്തിൽ ഇരിക്കുന്ന മനസ്സിലാക്കി അതാണ് ഗുരു പറഞ്ഞത് ശരീരത്തിൽ ജാതി ഉണ്ടോന്ന് ശങ്കരാ വ്യക്തമായും പറയുന്ന എന്താണ് നിന്റെ ശരീരത്തിൽ ആണ് വടക്കേൻ്റെ നിങ്ങൾ എവിടെ ചെന്നാലും ചോദിക്കും എല്ലായിടത്തും പറയുന്നത് എന്താണ് ഞാൻ അവർ കത്വരികളാണ് കേട്ടോ അവർക്കറിയാം ബ്രഹ്മത്തിൽ അതൊന്നും അതുകൊണ്ട് അവർ പറയും ഞാൻ ബ്രാഹ്മണ ശരീരമാണ് ക്ഷത്രിയ ശരീരമാണ് ഇങ്ങനെ പറയത്തുള്ളൂ ജാതി ഉണ്ടെന്ന് പറയത്തുള്ളു ഇവിടുത്തെ ഈ ശ്രീനാരായണീയർ പ്രയോഗം പോലെ ഒരു എന്താണ് ഒരു കൊനഷ്ട് പ്രയോഗമാണ് എല്ലാവരും സ്വാമിമാരെല്ലാം പറയും എന്താണ് ഞാൻ ഞാൻ ബ്രാഹ്മണ ശരീരമാണ് അവർ വിചാരിക്കുന്നെ ഈ ശരീരത്തിൽ ബ്രാഹ്മണനെ ഇരിക്കുന്നു എന്തുകൊണ്ട് ശങ്കരാ ബ്രഹ്മത്തിയില്ല ബ്രഹ്മത്തിൽ ബ്രാഹ്മണത്തോൽ പിന്നെ എവിടെങ്കിലും ഇതുകൊണ്ട് വയ്ക്കണ്ടേ അതുകൊണ്ട് അവർ പറയും ബ്രാഹ്മണ ശരീരമാണ് ഞാൻ ദിവ്യാജുസ്വാമിയെടുത്ത് ഈ പദ്യം മനുഷ്യണ മനുഷ്യത്വവും ജാതും ഗോത്വം ഗവൺമെന്റ് പദ്യം ചൊല്ലിയിട്ട് ഞാൻ ചോദിച്ചത് മനുഷ്യന്റെ ശരീരം എന്ന് വെച്ചാൽ മനുഷ്യന്റെ ശരീരത്തിൽ എവിടെയാണ് ബ്രാഹ്മണത്വം ഇരിക്കുന്നത് പുള്ളി ഇപ്പോഴും കൈലാസാസമത്തിൽ ഏതെങ്കിലും മലയാളികളെന്ന് അവരോടൊക്കെ പറയുന്നവര് ന കേരളത്തിൽ നിന്നൊരു വൈബല്യാനം എന്ന് പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയ്ക്കടത്താഴത്ത് കൈലാസാചരത്തിൽ നിന്ന് ഒരാൾ വന്നു എന്നോട് പറഞ്ഞു മനസിലായോ ഞാൻ അവിടെ എന്താണ് ഇതൊക്കെ പഠിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്ന് ബ്രാഹ്മണ്യൊന്നും സ്വീകരിച്ചില്ല ഞാനത് ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാ ശരീരത്തിൽ ബ്രാഹ്മണത്വിക്കുന്നു അപ്പൊ എന്താ പറയുന്നത് വിവേനസ്വാമി എന്തായാലും പറയുന്നു ഞാൻ എന്താണ് മാതാപിതാക്കൾ ബ്രാഹ്മണനാണ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചവനാണ് അതുകൊണ്ട് എന്റെ ശരീരം ബ്രാഹ്മണ ശരീരമാണ് അപ്പൊ മറ്റു ശരീരത്തിൽ നിന്ന് എന്താ വ്യത്യാസം എന്നൊക്കെ കൂടുതലങ്ങോട് ചോദിച്ചപ്പോൾ ഇതൊക്കെ ശാസ്ത്രം പ്രമാണം വേദശാസ്ത്രം വേദവും മനസ് മുറിഞ്ഞു ബ്രാഹ്മണവാസി മുഖമാസി വേദം പ്രമാണമാണോ ആണെങ്കി ഇതൊക്കെ അംഗീകരിക്കും അങ്ങനെ പോകുമ്പോ തെറ്റോ നേരുമ്പ ഞാൻ തോഴിയിട്ട് അങ്ങ് മതിയാകും ഗുരുവിനു ശേഷം കൂടെ അടിയാകും പിന്നെ ഞാൻ സംസാരിക്കും സംസാരിക്കാൻ പറ്റത്തില്ല ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴും പറയും ഞാൻ ഈ ചോദിച്ചു ഞാൻ വടക്കേ ഇന്ത്യയിൽ പോയ എല്ലാ സ്ഥലത്തും ഞാസുടെ അഡ്രസ്സ് പറഞ്ഞിരുന്നു പോയത് നസിവേരി എന്ന് പറയുമ്പോ തന്നെ കേൾക്കുന്ന മലയാളികളെല്ലാം എന്ത് കരുതും മറ്റവനാണ് ആ അഡ്രസ്സിൽ തന്നെ ഞാൻ എല്ലായിടത്തും കഴിഞ്ഞത് അങ്ങനെ മനുഷ്യർ മനസ്സിലാക്കത്തുള്ളു ശിവേരി എന്ന് പറഞ്ഞു മനുഷ്യനൊന്നും മനസ്സിലാക്കത്തുള്ളു മനുഷ്യനെന്നു ആരെയും തിരിച്ചറിയത് പോയി എന്തൊക്കെ ചെയ്താൽ എന്തൊക്കെ സ്വാമിമാരെന്ന് പറഞ്ഞാൽ ശരി ശിവഗരിന്ന് ചെന്നു പറഞ്ഞാൽ മനുഷ്യനായി കണക്കാക്കും അവിടെയുള്ളവരും അങ്ങനെ തന്നെ അവരും സ്വയം പറയണമെന്നാണ് ഞങ്ങളത്തെ ബ്രാഹ്മണ ശരീരമാണ് ക്ഷത്രിയ മനുഷ്യൻ എന്ന് പറയുന്നത് ഇവിടെയുള്ളവർക്ക് മനുഷ്യനെന്തേരിച്ചറിയാൻ പറ്റുന്നില്ല അതിന്റെ ആണോ അവിടെ പോയി ഇവിടെ എത്ര മനുഷ്യനാണെന്നുള്ള തിരിച്ചറിൽ ഉണ്ടത് അതേ ശ്രീ നാരായണീനാണ് ഒന്ന് കഴയും ഒരു ചെറിയ സംശയം ഇത് ഏത് വേണം മനുഷ്യനാകുന്നു ഭഗവാനെ ഞാനാ ഇന്ന് അങ്ങനെയൊന്നും പറയും ഇത് പറയും ഇതാണ് പറയുക അല്ല ഈ മലയാളി ഇവിടുന്ന് പോകുന്നവർ ഇവിടെ പോകുന്നവരെല്ലാം അവിടെ ചെന്നുകഴിഞ്ഞാൽ ഏത് ഇതായെന്ന് അവിടെ ചെന്ന പറയുന്നത് ബ്രാഹ്മണൻ അവിടെ ഒന്നേ പറയാ പറയുന്നതാണ് ഏറ്റവും നല്ല മേല എല്ലാവരും ഞാൻ ബ്രാഹ്മണൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഒന്നിനൊരു സ്ഥലത്ത് പെട്ടുപോയി പെട്ടുപോയപ്പോ എന്താണ് ബ്രാഹ്മണനാണോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഇങ്ങനെ ആക്കി എന്ന് ചോദിച്ച ആണെന്നും വരാല്ല ഇങ്ങനെ പറഞ്ഞ അല്ലെന്നും വരും ഇങ്ങനെ പറഞ്ഞാണെന്ന് വരും അല്ലെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റി അവധർമ്മം ഒന്നും ഞാൻ നാക്കുകൊണ്ട് പറഞ്ഞിട്ടില്ല ഒരിടത്ത് കാരണം പഠിക്കാൻ ചെല്ലുമ്പോൾ നമ്മളെ ബഹിഷ്കരിച്ചാൽ പിന്നെ പഠനം നടക്കില്ലല്ലോ അപ്പതുകൊണ്ട് എന്താണ് പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും എനിക്ക് ഒരു തരത്തിലുള്ള ഒരു മോശം അനുഭവം ഉണ്ടായിട്ട് വന്നതോട്ടു അതെന്തോ എന്റെ ഒരു ഭാഗ്യമാണ് ഒരു സ്ഥലത്ത് നിന്നും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മോശ അനുഭവം എനിക്കെന്തുകൊണ്ടും ഉണ്ടായില്ല ഈ പറയുന്ന ദിവ്യാനു സ്വാമിയുടെ അടുത്തുനിന്ന് പോലും ഒരിക്കലും മോശമായ അനുഭവം ഉണ്ടായിട്ടില്ല ഞാൻ പഠിച്ച ഒരിടത്തുനിന്നും ഉണ്ടായിട്ടില്ല ചുവരിന്ന് വരുന്നു പറഞ്ഞ് തന്നെ അവിടെ പോയതാരും ദിവ്യാനും അതുകൊണ്ട് ഈ പറയുന്ന എന്താണ് അഭേദ ബ്രഹ്മക്ഷത്രാതിഭേദം എന്ന് പറഞ്ഞാൽ ഇത്ര അടുത്തുള്ളൂ ബ്രഹ്മത്തിൽ ജാതി ഇല്ലെന്നാണ് ബ്രഹ്മത്തിൽ നാമരൂപങ്ങളില്ല പിന്നെ ഇവിടെ ഒന്നുമില്ല മനുഷ്യരിൽ അതുകൊണ്ടെന്ന് തന്നെയാണ് ഈ എഴുതിയിരിക്കുന്ന ആളുടെ അതിൻ്റെ അടുത്ത് വരുമ്പോൾ അത് വ്യക്തമായി പറയും